യശ്രോ അസ് ശിവസാരംഭര്യ ഗുരുതരം പഞ്ചദക്ഷോദരകോശോ ഭൂമിബുധനോ നീയതിസഹ്യസൗരസി ഉത്തരം ബിലം സഷ കോശോ വസുധാന തസ്ദം ശ്രതം തീ പ്രാചീദിക് ജുഹുർന സഹമാന ദക്ഷിണാരീ ചി സുഭൂതീച താസാംയു വത്സമേം വാദി വസം വേദപുത്രോദം റോദിതി സോഹമേദമേം വാദിം വസ്സം വേദ കുത്രോദം മൃദം അരി ോജം പ്രണിതി പ്രാണോ വർഭൂതം തമേവ താപത്സ ോജം ഭൂ പ്രതി പൃഥിം പ്രപരിക്ഷം പ്രപം പ്രപോചം അഥ ഇദോജം ഭു പ്രപം പ്രപയും പ്രപ ആദിത്യവോചം ആധ യദവോചം സഹ പ്രപേദം പ്രപേദം പ്രപവേദം പ്രപ തദോചം തദവോചം പരുഷോ വാവയജ്ഞ ചർവിശതിവർഷാണേ തവന ചർവിക്ഷര ഗായത്രി ഗായത്രം പ്രാതസവനം തടസ്സ വസവു അന്വയത്താണവസവ ഇതേ ഇതം അൻ വയസിപ്പ സബ്രുവ ഇതുമേപ്രാതം മധ്യന്തി മാഹംപാണൂന്നധ്യേ യോ വിലോപീയവ തോഹ ചരിംശാണി തന്മാധ്യന്തിവനം ചുചരിക്ഷര തിഷ്ട്രു ത്രൈഷ്ടുഭം മാധ്യന്തിനം സവനം തദസ്ര അന്വത്താവരുദ്രഹിന് തൻവയസിപ്പബ്രൂരുദ്രദം മേ മാധ്യന്തിന്നസവവനം ഹം പ്രാ രുദയോ വിനോപ തോതി അഥയാർഷാണി തൃതീയസമനം അറിശത്ത് अक्षरा जगती जगत तृतीयनम त आदि अन्वायत्ता आदि वेदेहद्स आददते तं चेतस्ुपे सदब्रूियाआदे तृदनम आयुनस माहम प्राण मध्य यज्ञ विलोपे बुध तदै എന്താവാന മഹിദാസൈതരേ സിം മ ഏതുപതീ യോഹം അനേശ്യമീതി സഹോം വർഷം അജീവ്രഹ ഷോം വർഷതം ജീവതിയേദ സിശിഷതിസതിരമത സാസ്യദിക്ഷഹ അഥ വിധസ്ബതിയതൈവേ അഥ എഹസതിയൈഥുനം ചരതിരേവ ത അഥ യർവം ഹിംസ്യവചനമതി തക്ഷി തസ്മാഹു ശോഷ്യ അസോഷ്ടേരി പുനരുത്പാദനം എ തന്മരണ തദ്ധേ ഘോരാഷ്ണൈവീപുത്രയുക്വാച അപി പാസേവ സ ബഭൂ സോന്ധവേത്രയം പ്രതിപദ്തീ അച്ഛശസംതിജൌ ഇവിടെ പറയുന്നു ഈ ഉപാസനഭാഗത്താണ് ശ്രീകൃഷ്ണന്റെ പരാമർശം വരുന്നു ഇവിടെ പറയുന്നു തദ്ദേ ിരസൻ എന്ന് പറയുന്ന കൃഷിപുത്രായ കൃഷ്ണായ ഉപ്പ ഈ ഉപദേശത്ത് ഈ ഉപാസനെ ദേവകീപുത്രനായ ഈ മന്ത്രങ്ങൾ ഉപദേശിച്ചു അതുകൊണ്ട് പിന്നീട് പറയുന്ന മറ്റൊരു മന്ത്രങ്ങളിലും പിന്നീട് താറ്റിണ്ടായില്ല ഉപാസിനെ തന്നെയായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ദേവകീപുത്രായ കൃഷ്ണായ എന്ന് പറയുന്ന ആരാണോ ഗീത ഉപദേശിച്ച കൃഷ്ണനാണോ അതോ അല്ലയോ ഈ കാര്യങ്ങളൊന്നും കൂടെ ഭാഷകാരും പറയുന്നില്ല അങ്ങനെ പരാമർശിക്കുന്നേ ഇല്ല ആണെന്നോ അല്ലെന്നോ ദേവകീപുത്രായ കൃഷ്ണായ ശിഷ്യയായ ഇത്രമാത്രമേയുള്ളൂ ഭാഷ പക്ഷെ മറ്റു പലരും പറയുന്നുണ്ട് ഇത് ആ കൃഷ്ണൻ തന്നെയാണ് ദേവകിപുത്രായ കൃഷ്ണായ ദേവകിപുത്രനായ കൃഷ്ണന് ഈ ആങ്കിരസന് ഉപദേശിച്ചാണ് അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു സംശയം വരും അപ്പം ദേവകീപുത്രനായ കൃഷ്ണൻ ഇതുപദേശിച്ചു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം കൃഷ്ണന്റെ കാലശേഷം വന്നാണെന്ന് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദം അനാദിയാണെന്ന് പറയുന്നതിന് യോജിക്കാതെ വരും അങ്ങനെ ഒരു ചരിത്രത്തിലുള്ള ഒരാളെ പരാമർശിക്കുകയാണെങ്കിൽ അയാൾക്ക് ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ അയാൾ ജനിച്ചതിന് ശേഷം ഉപദേശിക്കാൻ പറ്റും അപ്പം അതിനു മുമ്പ് അത് പത്തോ അയ്യായിരോ വർഷം മുമ്പാണെങ്കിലും അതിനു മുമ്പ് വേദത്തിൽ ഈ ഭാഗം ഇല്ലായിരുന്നു എന്ന് വരും വേദം അനാദിയല്ല എന്നു വരും അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഭാഷ്യക്കാരൻ അതിനെ കുറിച്ചൊന്നും പരാമർശിക്കാത്തത് ഭാഷ്യക്കാരന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇത് ദേവകി പുത്രനായ കൃഷ്ണൻ എന്നു പറയുന്നത് മറ്റാരും ആണ് അല്ലാതെ ചരിത്ര പുരുഷനായ കൃഷ്ണനല്ല അങ്ങനെയുള്ളതിനുശേഷം ഇത് ഉപദേശിച്ചു വരും പക്ഷെ മറ്റു പലരും പറയുന്നത് അങ്ങനെയല്ല ചരിത്രപരമായി പഠിക്കുന്നവർ പറയുന്നതത് ദേവൈകൈ പുത്രനായ കൃഷ്ണനാണ് കാരണം ഇവിടുത്തെ ഉപദേശത്തിനും ഗീതയിലെ ഉപദേശങ്ങൾക്കും എല്ലാം ചില സാമ്യതകളുണ്ട് സമാനതകളുണ്ട് അതുകൊണ്ട് ഒന്നു തന്നെയാണോ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇത് ഈ ഭാഗം പിൽക്കാലത്തുണ്ടായതാണെന്ന് പറയും അത് പറയുന്നു അതങ്ങനെയാണ് സൗന്ദര്യത്തിലെ പല ഭാഗങ്ങളും വളരെ പിൽക്കാലത്ത് എഴുതി ചേർത്തതാണ് കൃഷ്ണന്റെ കാലത്തിന് ശേഷം എഴുതി ചേർത്തതാണോന്ന് പറയും അങ്ങനെ ഒരു കൂട്ടർ പറയും പേരുകൂട്ടർ പറയുന്നതല്ല ഇവിടെ പറയുന്നത് പരാമർശിക്കുന്നത് കൃഷ്ണനെ തന്നെയാണ് പക്ഷെ ഇവിടെ പറയുന്നത് അപ്പോ ഈ ദോഷം വരുവല്ലോ കൃഷ്ണന് ശേഷമാണോ ങ്ങനൊരു ദോഷം വരത്തില്ല ഇവിടെ പറയുന്ന പൂർവ്വകൽപ്പത്തിലെ കൃഷ്ണനെക്കുറിച്ചാണ് ഈ കല്പത്തിലൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു പൂർവ്വകൽപ്പത്തിലുണ്ടായിരുന്നു ആ കൃഷ്ണന് ഉപദേശിച്ചാണ് അതിനുശേഷം ഈ കല്പത്തിനും കൃഷ്ണൻ ഉണ്ടായി അതിങ്ങനെ ആവർത്തിക്കുന്നു കൽപ്പങ്ങൾ ആവർത്തിക്കുകയാണ് അതുകൊണ്ട് കൃഷ്ണൻ അനാദിയാണ് വകിപുദ്ധനായ കൃഷ്ണൻ അതുകൊണ്ട് അനാദി കാലം ഉപദേശിക്കുന്നു ഓരോ കൽപ്പങ്ങളിലും ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആദ്യത്തെ അങ്ങനെ ഒരു കൃഷ്ണനില്ല അതുകൊണ്ട് കൃഷ്ണന് ശേഷമൊന്നും പറയാൻ കഴിയില്ല ഇതൊക്കെ പൂർവ്വകല്പങ്ങളിലെന്ന് അങ്ങനെയല്ല ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്തായാലും ഭാഷകാരൻ കാര്യത്തെ കുറിച്ച് ഈ ദേവകീപുത്രനായ കൃഷ്ണൻ ആരാണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല ആദിപ്രത്നസ്യേതസഹ ഉദ്വയം തമസസ് പരി ജ്യോതി പശ്യന്തരം സശ്യന്തരം ദൂര് അഗന്മ ജ്യോതിരുത്തരമതിരുത്തരമ മനോബ്രീപാസീത ധ്യാത്മം അധ അധിതം ആകാശബ്രഹി ഉഭയമാതിഷ്ടം അധ്യാത്മം അധിദൈവതം തദ്ദേഷ്രഹവാക്ണ പാദശക്ഷു പാദശസ്രോത്രം അധ്യാത്മം അധ അധിദൈവതം അഗ്നി പാദോ വായു പാദ ആദിത്യ പാദോ ദിശ പാദ ഇുഭയമേ ആദിഷ്ടം അധ്യാത്മം ചതിദൈവതം ച ണർ പദഗ്നിഷാ ചാതിശസ ബ്രഹവവർച്ചസേനേദാണവ്രർപാദ സ വായുന ജ്യോതിഷത്തീശ സർസേന യം വേദ ചക്ഷുരേവ്രതുർപ്പതിയ ജ്യോതിഷ യശസ ബ്രഹ്മവർച്ചസേനേദോത്രമേ ബ്രഹ്മണചർപദ സിഗ്ർജ്യോതിഷ യശസവർസേന യേദ യം വേദ ആദിത്യോ ബ്രഹ്മയാദീസ തഖ്യാനേദമഗ്രസീ തീ തത്സമഭവ തരവർത്ത തസ്സംത്സരസ മാത്രമസേതാ രജതം ചുർണം അഭവ്രജതം സേം പൃഥി യത്സുർണം സദ്യോർ യജ്ജരാ തേ പ യുൽബം സമേധോ നിഹാരോ യാധമനയ തദ്സ് ഉദഗം സ സമുദ്ര അഥ ജായ സൗ ആദിത്യ തം ജാമാനം ഘോഷവോ അനൂദത്തിൻ सर्वेच സർവാജൂത്തേ ചാമാദയം പ്രതി പ്രത്യായം सर्वेच ഘോഷവോ അനുതിഷന്തി സർവാണഭൂത്തേം ം വിൻ ആദിത്യ ബ്രമീത്യുപത്തെ അഭ്യസം സാധവോ ഘോഷ ആദഗേയൻ അഥ ചധ്യമ सह सर्वता ജനശ്രദൃഹപൗത്രയണേയോ ബഹുദായീ ബഹുപാഖ്യവസാ अस्यंदीदी भाशिव। ജാനശ്രുതിനശ്രുതൃം വായുപ്രാണയോ പാദൃഷ്ടധ്യസ വർി ധൈദയു സാക്ഷാത് ബ്രഹ്മത്തേനുപാസത്തെ സുഖ അബോധാർ ആഖ്യദാനവിധി ശ്രദ്ധ അന്നുദ്ധീന വിദ്യാപ്രാപ്തി സാധനത്വം പ്രദർശിത ആഖ്യായികായ വായുപ്രാണന്മാരെ ബ്രഹ്മത്തിന്റെ പാദങ്ങളായി ഉപാസിക്കുന്നത് മുമ്പ് പറഞ്ഞു ഇനി എന്താണോ വായുപ്രാണന്മാരെ ബ്രഹ്മമായി ഉപാസിക്കുന്നതാണ് അതായത് ഇവിടെ ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തിൽ ജ്ഞാനശ്രുതിക്ക് ഉപദേശിക്കുന്നത് ഒരു വാസനയാണ് വായുപ്രാണന്മാരെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക അതിന്റെ ഫലം തന്നെ അവിടെ പറയുന്നത് ഇത് ഉപാസന തന്നെയാണ് ഇവിടെ വിദ്യ എന്ന് പറയുന്ന ഉപാസനയാണ് പക്ഷെ അതിൽ പ്രത്യേകതകളുണ്ട് അതൊരു കഥയിലൂടെ അവതരിപ്പിക്കുന്ന ഇവിടെ സുഖാവബോധാർത്ഥ ആഖ്യായിക ഈ പറയുന്ന കാര്യങ്ങൾ അനായാസമായി മനസ്സിലാക്കുന്നതിന് ഇത് വിദ്യാദാന ഗ്രഹണ ഉപാസനയുടെ ദാനവും ഗ്രഹണവും അതിന്റെ വിധി എങ്ങനെയത് നൽകണം എങ്ങനെയത് സ്വീകരിക്കണം അതിനെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് ശ്രദ്ധ അന്നദാന അനുദ്ധതത്വധീന ഇവിടെ പറയും എന്താണ് ജാനശ്രുതി ധാരാളം അന്നദാനം ചെയ്യുന്ന ആളായിരുന്നു അതുകൊണ്ട് അയാൾക്ക് അതിൻ്റെ ഔദ്ധത്യം ഉണ്ടായിരുന്നു അതൊന്നും പാടില്ല ശ്രദ്ധ വേണം ഔദ്ധത്യം പാടില്ല വിദ്യാപ്രാപ്തി സാധനത്തും അതൊക്കെയാണ് വിദ്യപ്രാപിക്കുന്നതിന് ഉപായങ്ങൾ ഇതെല്ലാം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാഖ്യായിക്കറുന്നുണ്ട് ധർമാർത്ഥവും എത്ര നശ്യാത്ത അവിടെ വിദ്യ കൊടുക്കാൻ പാടില്ല ധർമ്മവും അർത്ഥവും ഇല്ലാത്തവെന്ന് കൊടുക്കരുത് രണ്ടും വേണം ധർമാർത്ഥവും എത്ര നശ്യാത ശുശ്രൂഷാ വാവേ തദ്വിധ അതുപോലുള്ള ശുശ്രൂഷ ആണ് രണ്ടർത്ഥം എടുക്കാം കേൾക്കാനുള്ള താല്പര്യം സേവനത്തിനുള്ള താല്പര്യം തത്ര വിദ്യ ഇതൊന്നുമില്ലാത്തടത്ത് വിദ്യ ഉപദേശിക്കാൻ പാടില്ല അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ശുഭം ബീജം ഇവ ഊഷരെ മരുഭൂമിയിൽ നല്ല വിത്ത് കതയ്ക്കുമ്പോലായിപ്പോവും മരുഭൂമിയിൽ നല്ല വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല നമ്മുടെ ധർമ്മം അർത്ഥം ശുശ്രൂഷില്ലാത്തടത്ത് വിദ്യ ഉപദേശിക്കാൻ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ ആ വിദ്യാപ്രാപ്തി സാധനം പ്രദർശിപ്പിക്കാൻ ഇവിടെ പറയുകയാണ് ജാനശ്രുതിയുടെ ഉപാഖ്യാനം ജാനശ്രുതിൽ ജനശ്രുതാപത്യം അവിടെ എന്താണ് ജാനശ്രുഹ എന്ന് പറഞ്ഞു ഐതിഹ്യാർത്ഥം അങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നത് ജനശ്രുതൻ എന്ന് പറയുന്ന ആളിന്റെ സന്താനമാണ് ജാനശ്രുതി പൗത്രായണ പുത്ര പൗത്ര പൗത്രായണ പുത്രന്റെ പുത്രൻ പൗത്രായനായിരുന്നു ജ്ഞാനശ്രുതിയുടെ സന്തതിയാണ് പുത്രന്റെ പുത്രനായി ജനശ്രുതന്റെ പുത്രന്റെ പുത്രനായി അതാണ് ജാനശ്രുതൃ പൗത്രായണ സേഹ വളരെ ശ്രദ്ധയോടുകൂടി നൽകുന്നവൻ ശ്രദ്ധാപുരസരമേവ ോ ദേയം മസ്ജീതി ശ്രദ്ധാദേഹ ശ്രദ്ധാപുരസരം മാത്രമേ ദാനം ചെയ്യാവൂ അത് ബ്രാഹ്മണാദികൾക്ക് ദാനം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാ ഭക്തി വിശ്വാസങ്ങളോടുകൂടി വേണം ദാനം ചെയ്യേണ്ടത് അനുശ്രദ്ധാദേയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് തുടർന്നുവരുന്ന ഭാഗങ്ങൾ ശ്രുതി ഉപാഖ്യാനെടുത്തുകൊണ്ട് ബ്രഹ്മസൂത്രത്തില് അഞ്ച് സൂത്രങ്ങൾ ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തെ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് അഞ്ച് സൂത്രം ഇവിടെയും അത് ചർച്ച ചെയ്യുന്നു അത് ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഞാനിപ്പോൾ റൈസായി പോകുന്നു നിങ്ങൾ സഹിച്ചോളൂ തുടക്കമാണ് ബഹുദായി പ്രഭൂതം ദാദും ശീലമസീദി ബഹുദായി ഇവിടെ ജാനശ്രുതിയെ കുറിച്ച് പറയുകയാണ് എന്താണ് ശ്രദ്ധാദേയൻ വളരെ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യുന്നവൻ പിന്നെന്താണ് ബഹുദായി ധാരാളം ദാനം ചെയ്യുന്നവൻ ഇപ്പം ജാനശ്രുതിയുടെ സദ്ഗുണത്തെ കാണിക്കുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യുന്ന ഒരാള് ഒരിക്കലും ഔദ്ധത്യം ഉണ്ടാകത്തില്ല അപ്പം അന്നദാനം കൊണ്ടുള്ള ഔദ്ധത്യം പാടില്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ ഭാഗമൊന്നാണ് പക്ഷെ ശ്രുതി പറയുന്ന എന്താണ് ജാനശ്രുതിയെക്കുറിച്ച് ശ്രദ്ധാധി അതിനകത്തെല്ലാം ഉണ്ട് ശ്രദ്ധയുള്ളവന് ഇങ്ങനെയുള്ള ദുർഗുണങ്ങളൊന്നും വരത്തില്ല ഔദ്ധിത്വത്തോടെ കൊടുക്കുന്നു എന്ന് പറയുന്നാണ് ശ്രദ്ധയില്ലാതെ കൊടുക്കുന്നത് ശ്രദ്ധയോട് കൂടി കൊടുക്കുമ്പോൾ അവൻ വിനയത്തോടു കൂടി കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ശ്രദ്ധയ്ക്ക് എന്താ അർത്ഥം ശ്രദ്ധയുടെ അർത്ഥം തന്നെ എന്താണ് ഭക്തിയോട് വിശ്വാസത്തോട് വിനയത്തോട് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊടുക്കുന്നവനെന്നാണ് ജാനശ്രുതിയെക്കുറിച്ച് ശ്രുതി പറയുന്നത് ശ്രദ്ധാദേവി പക്ഷെ ഭാഷകാലം പറയുന്ന എന്താണ് അതിനു മുമ്പ് അന്നദാനം കൊണ്ടുള്ള ഔദ്ധത്യം പാടില്ല എന്ന് പറയാനാണ് അന്നദാനം കൊണ്ടുള്ള ഔദ്യത്തി ഒന്നും കാര്യമേ ഇവിടെ വരുന്നില്ല അങ്ങനെ പറയുന്നതിന് ചില ലക്ഷ്യങ്ങൾ ഉള്ളിലുണ്ട് അത് വെച്ചുകൊണ്ടാ പറയുന്നത് എന്താണെന്ന് മുമ്പോട്ട് ഇന്നും മനസ്സിലാവും ഇവിടുത്തെ ഭാഷ വ്യാഖ്യാനം മുഴുവൻ കൃത്രിമമാണ് കൃത്രിമമായി ഭാഷകാരം വ്യാഖ്യാനിച്ചിട്ടുണ്ട് പ്രഭൂതം ദാദും ശീലം അസേലി ബഹുദായി ബഹുപാഖ്യു നിലോഭമായി കൊടുത്തിരുന്നു അതാണ് പറയുന്നത് ഇതെല്ലാം ജ്ഞാനശുതിയുടെ സദ്ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ് ബഹുദായി ധാരാളം കൊടുക്കുന്നവനെന്ന് പറഞ്ഞാൽ അവൻ വളരെ ഉദാഹരണമാണ് അതിനുവേണ്ടി എന്ത് ചെയ്തു ബഹുപാക്യു ബഹുപക്തവ്യും അഹന്യഹനിഹേ യസ്യാസ് ബഹുപാക്യ എല്ലാ ദിവസവും അയാളുടെ വീട്ടിൽ ധാരാളം പാകം ചെയ്തിരുന്നു ഭോജനാർത്ഥി ബ്യൂ ബഹുവസ്യ ഗൃഹ അന്നം പച്ഛത് ഇത്യർത്ഥ ഭക്ഷണത്തിനു വേണ്ടി വരുന്നവർക്ക് വേണ്ടി പറഞ്ഞല്ലോ ഈ വൈദിക കാലത്തെ ഏറ്റവും വലിയൊരു മഹത്വം ഇതായിരുന്നു ഭക്ഷണ ദൗർബല്യം നമ്മുടെ ഹരിത വിപ്ലവമൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു വിഷയം ഭക്ഷണമാണ് പിന്നെ അതിൽ ടിവിയും മൊബൈലും ഒക്കെ വരുന്നത് ഭക്ഷണം ഇല്ലെങ്കിൽ പിന്നെ വരണ്ട അപ്പോ ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് ഒരു കർമ്മം ചെയ്യുന്നവൻ അങ്ങേയറ്റം യോഗ്യനും ശ്രേഷ്ഠനും മഹാനും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അതിനെ ഒരുപാട് വിശേഷങ്ങളോട് പറയുന്നത് ശ്രദ്ധാദേഹ ബഹുദായ് ബഹുപാഖ്യ ഏവം ഗുണസമ്പന്ന അവിടെ തന്നെ പറയുന്നു ഇങ്ങനെയെല്ലാം ഉള്ള സദ്ഗുണസമ്പന്നനായ ഒരുവൻ എന്നാണ് എന്ന് പറഞ്ഞിട്ട് അന്നദാനം കൊണ്ടുള്ള ഔദ്ധത്യം പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ എന്ന് പറയുന്നതുമായിട്ട് യോജിക്കുന്നുണ്ട് രണ്ടും തമ്മിൽ സപുണസമ്പന്നനായ ഒരാളുടെ കഥ പറയുമ്പോൾ അന്നദാനം കൊണ്ടുള്ള ഔദ്ധത്യം പാടില്ല പാഠം ഇവിടെ വരുന്നില്ല പിന്നൊരു പാഠമേ ഇവിടെ വരുന്നില്ല അതിനുവേണ്ടി എന്നാദ്യം പറഞ്ഞു ഇത് പരസ്പരവിരുദ്ധമായ കാര്യമാണ് ഇവിടെ തന്നെ പറയുന്നത് എന്താണ് ഏവ ഗുണസമ്പന്നാസൗ ജാനശരി പൗത്രായണോ വിശിഷ്ട ഏതോ ഒരു നല്ല ദേശത്ത് ഒരു നല്ല സമയത്ത് നല്ലൊരു സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയുക ഇതൊരു നല്ല സ്ഥലത്ത് വെച്ചാൽ അതും പറയുന്ന എന്താണ് നല്ലൊരു വ്യക്തിയാണ് അടുത്ത സ്ഥിതി ചെയ്തിരുന്ന നല്ല സ്ഥലത്തായിരുന്നു അല്ലെ സമയം നല്ലതായിരുന്നു സർവ സർവാസു ദക്ഷുഗ്രാമേഷു നഗര േത്യവസന്ത്ാവസത നമ്മൾ താമസിക്കുന്ന ഇടം വീട് അതിനാണ് ആവാസതെന്ന് പറയുന്നത് ആവാസസ്ഥാനം നമ്മൾ സാധാരണ മലയാളത്തിനും പറയാറില്ല ആവസത മാ ചക്രേ കാരിതവാൻ ഇത്യർത്ഥ ഇന്നിപ്പോൾ സമ്പത്തുള്ള ആൾക്കാർ മുമ്പെല്ലാം ധാരാള സ്ഥലങ്ങളിൽ അന്നക്ഷേത്രങ്ങളുണ്ടാകും സത്രങ്ങളുണ്ടാകും ആൾക്കാർ പുറത്തുനിന്ന് താമസിക്കാനും ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും അതുപോലെ ഈ ജാനശ്രുതിയും സർവാസ്വദിഷ് സർവ്വദക്കുകളിലും ഗ്രാമ നഗരേഷ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഇങ്ങനെ വിശക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അവസതാൽ വീടുകൾ ഛത്രങ്ങൾ അന്നക്ഷേത്രങ്ങൾ എന്ന് പറയും എന്നാണ് അല്ലയോ മഹാനായ രാജാവായിരുന്നു രാജാവുമായിരുന്നു അതും ഭാഷകാരും പറയുന്നുണ്ട് രാജാവായിരുന്നു നല്ല പ്രവർത്തി ചെയ്ത ആളാണ് സർവ്വദവ മേ മമ അന്നം തേശു ആവസ തേശു വസന്തു അസ്യന്തി ബോക്ഷ്യന്തെ ദൈവം അഭിപ്രായങ്ങൾ എന്തിനാണോ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്നു ആ വീടുകളിൽ താമസിച്ച് അസ്യന്തി ബോക്ഷ്യന്തി എല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ എന്നുള്ള താൽപ്പര്യം കൊണ്ട് ഈ ജാനശ്രുതി എല്ലാ ഭാഗങ്ങളിലും പോയി ആൾക്കാർക്ക് താമസിക്കുന്നതിന് സത്രവും അവിടെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വ്യവസ്ഥയും ചെയ്തു അത്രയും വലിയൊരു മഹാനായിരുന്നു എന്നാണ് ശ്രുതി പറയുന്നത് ജാനശ്രുദീർഹ പൗത്രായണ ശ്രദ്ധാദേഹുദായി सर्वद സർ ആവസ്ടപ്പിച്ചേവ മേ അസീതി അധ ഹംസ നിശയാ തംസോ ഹംസം अभिवादा, फो हो, अभिवाद भोहो अयिलाक्ष बक्ष जानश्रुदे उयण से सोतिरात प्रसाक्षी तत्वा मा प्रदरी തത്രം സ്ത്രീ രാജനി തസ്മിൻ ധർമ്മകാലേ ഹർമ്മ്യതലസ്സേ അധസ്സ ഹംസ നിശായം രാത്രോ അതിപേതോ അങ്ങനെ ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല സമയത്ത് രാജനി ആ രാജാവ് തസ്മിൻ ധർമ്മകാലെ അതിന് ചൂടുകാലമായിരുന്നു ഹർമ്മ്യതലസ്ഥേ വീടിന്റെ ടെറസ് ടെറസിൽ അവിടെ നിൽക്കുകയായിരുന്നു രാത്രി ഹംസാഹ നിസായ രാത്രി കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ അങ്ങനെ ഉലാക്കുകയായിരുന്നു രാജാവ് അപ്പൊ രാത്രിയിൽ രാത്രി പത്തി ഹംസം അവിടെ പറന്നുപോയി ഋഷിമാരായിരിക്കാം അല്ലെങ്കിൽ ദേവതകളായിരിക്കാം രാജാവിന്റെ ആ ഗുണം അന്നദാനം എന്ന് പറയുന്ന ആ ഗുണം കൊണ്ട് സന്തുഷ്ടരായി ഹംസരൂപാഭൂഹംസങ്ങളായി രാജ്ഞോ ദർശനഗോചരാത് പേരുഹു പതിതവന്ത രാജാവ് കാണത്തക്ക രീതിയിൽ അവർ പറഞ്ഞു എന്നുവെച്ചാൽ തളിക്ക് മുകളിലായി പറഞ്ഞു രാജാവ് കണ്ടു അവർ പറയുന്ന ചെയ്തു തസ്മിൻകാലം പദത ഹംസാനം ഏക പൃഷ്ടത പതൻ അഗ്രത പതന്തഹംസം അഭിവാദ അഭ്യുക്തവാൻ അങ്ങനെ പറന്നു പോകുമ്പോൾ ആ പറക്കുന്ന ഹംസങ്ങളിൽ പിറകിൽ പറക്കുന്ന ഒരു ഹംസം പതന് പിന്നിൽ പറഞ്ഞ ഒരു വംശം ആഗ്രഹ പതന്തേ പറക്കുന്ന ഒരു വംശത്തോട് അഭ്യുവാദ അഭ്യുക്തവാൻ പറഞ്ഞു വിളിച്ചു പറഞ്ഞു എന്നാണ് മുമ്പേ പറഞ്ഞു പോകുമ്പോൾ വിളിച്ചു പറയണല്ലോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്താണ് ഹോ ഹോ ഐ ഭൂ ഇത് സംബോധ്യ എന്തുകൊണ്ടാണ് സംബോധന ചെയ്യുന്ന എപ്പോഴും ദൂരെക്കുന്ന ആൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ാക്ഷാക്ഷോ ഭല്ലാക്ഷ ഭല്ലാക്ഷിതി അതുപോലെ ആദരം ദർശന ആശ്ചര്യത്തെ കാണിച്ചുകൊണ്ട് വിളിക്കുകയാണ് ഭൂഭോ ഭല്ലാക്ഷ ഭല്ലാക്ഷുന്നത് ഒരു അതിശയത്തെ കാണിച്ചുകൊണ്ട് അത് അത്ഭുതമായൊന്ന് കണ്ടു പിറകെ പോകുന്ന പക്ഷി അദ്ഭുതമായെന്തോന്ന് കണ്ട് മുമ്പേ പോകുന്ന പക്ഷി അത് കണ്ടില്ലല്ലോ എന്ന് കരുതി ഭല്ലാക്ഷേ മന്ദദൃഷ്ടിത്വം സൂചന ഭല്ലാക്ഷ ഭല്ലമായ അക്ഷയോടുകൂടിയവന് അങ്ങനെയർത്ഥം പറ എന്താ നീ കാണുന്നില്ലേ ഈ കാഴ്ച നീ കാണുന്നില്ലേ എന്നുള്ളത് മന്ദദുഷ്ടിത്വം മുമ്പേ പോകുന്നവനു കാഴ്ച ശരിയല്ലേ എന്നും അഥവാ സമ്യത്ശന അഭിമാനവേധത്തെ പീഢ്യമാനോമർഷ്ടയാൽക്ഷേദ സമ്യക് ബ്രഹ്മദർശനാഭിമാനവത്വാൻ തസ്യസക്ത ഉപാലബ്ധേന പീഢ്യമാനോ അമർഷിതയസുചേരി ബലാക്ഷി അപ്പോ പിറകെയുള്ളവൻ വിചാരിക്കുകയാണ് എനിക്ക് ശരിയായ അറിവുണ്ട് അപ്പോൾ അവൻ കരുതുകയാണെന്താണ് പഷ്ടാമിനംസ്യ മഹാത്മാനക്രമണീയോ വിജാന സമയദർശന അഭിമാനശാലിവാൻ അഗ്രഗാമീഹംസോ ജാനശ്രിതിക് അമർഷിത പീഢ്യമാന സം ധർമ്മം ജാസി ജാഭിമാനം വഹസി ഇപ്പോൾ പിറകെയുള്ള കരുതുകയാണ് ഈ ഇവിടെ ഈ താഴെ നിൽക്കുന്നത് ജ്ഞാനേശ്വരിയാണ് വലിയ ജ്ഞാനിയാണ് അങ്ങനെ ഒരു ജ്ഞാനിയെ നീ കണ്ടില്ലെന്ന് വിചാരിച്ച് അലക്ഷ്യമായി കടന്നു പോകാൻ പാടില്ല അത് ധർമ്മമല്ല ഇതൊന്നും അറിയുന്നില്ലേ ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തയോട് കൂടി ഭല്ലാക്ഷു പറഞ്ഞ് അയാളെ സംബോധന ചെയ്യുകയാണ് നല്ല രീതിയിലല്ല നടത്തും എന്നിട്ടെന്താണ് പറയുന്നത് ുംബേ പോയ പക്ഷിശ്രുതി അവഗണിച്ചു പോയത് ശരിയല്ല ആ താത്പര്യത്തിനും അങ്ങനെ വിളിച്ചതാകാം ജാനുശ്രുതി ജനിത പ്രഭാവം ആദത്തം വ്യാപ്തം പറയുന്നു എങ്ങനെയുള്ള തേജസ് അന്നദാനം പോലെയുള്ള സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ആ തേജസ് ആകാശത്തെ സ്പർശിക്കുന്നു അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണോ ഇത് നീ കാണാതെ പോവുകയാണോ അതെ കണ്ടിട്ട് കാണാതെ പോവുകയാണോ ദിവ അന്നാവാസ എന്താണ് ഇത് പകൽ പോലെ ഉള്ള വെളിച്ചമാണല്ലോ എന്നാ അങ്ങനെ ഒരു വെളിച്ചമാണല്ലോ കാണുന്നില്ല കാണുന്നത് എന്നാണ് സാറിന് പറയുന്നത് ഓറ എന്നൊക്കെ പറയും അങ്ങനെ ഒന്ന് കാണുന്നുണ്ടെന്ന് അവരെ പക്ഷി പറയണം അവർ തേജസ് കാണുന്നില്ലേ ഞാനു വെളിച്ചം പോലെ ആകാശത്തെ സ്പർശിക്കുന്ന അതിനീ കാണുന്നില്ലേ കാണാതെയാണോ നീ പറക്കുന്നത് എന്ന് പക്ഷികൾ ചോദിക്കുകയാണ് തന്മാ സജ്ജനം സത്യം ദൈന ജ്യോതിഷ സംബന്ധം നീ പോയി ആ പ്രഭാവത്തിൽ ആ ജ്യോതിസിലൊന്ന് നീ പോയി പറ പ്രസഞ്ജനേന ത്യോതി പ്രദാക്ഷിഹി മാ ദഹതു അത് എന്നെ ദഹിപ്പിച്ചു കളയും അത് അത്ര വലിയൊരു തേജസ്സാണ് നീ ഇങ്ങനെ അതാണ് ഒരു മഹാത്മാവിന്റെ മഹത്വത്തെ അനാദരിച്ചാൽ അവഗണിച്ചാൽ അത് നിനക്ക് നാശ്യത്വം ഉണ്ടാകും അതാണ് പറയുന്നതിൻ്റെ താല്പര്യം അത് ആലങ്കാരിക ഭാഷയിൽ സാഹിത്യ ഭാഷയിലൊക്കെ പറയുന്നു ചന്ത സാഹിത്യത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് വരുത്തിയിട്ടുണ്ട് നമ്മൾ വായിച്ചുപോയ ഉപാസനാ പ്രകടനങ്ങളെല്ലാം വളരെ മനോഹരമായ സാഹിത്യകൽപ്പനകളുണ്ട് അതിനായി പഠിക്കുന്നവരെല്ലാം അത് ഒരുപാട് അതിനെ പ്രശംസിച്ചിട്ടുണ്ട് അതുപോലെ പറയുകയാണ് ആ ജാനശ്രുതിയിലൊരു തേജസ് ആകാശം വ്യാപിച്ചിരിക്കുകയാണ് അതിനെ കാണാതെ നീ പറന്ന് കടന്നുപോകുകയാണ് അത് അവഗണിക്കുകയാണ് നീ അലക്ഷ്യമായി പോകുന്നു അതിനെ നീ സ്പർശിക്കരുത് അതിനെ ദഹിപ്പിക്കും എന്നെല്ലാം പറയുന്നു മഹാപ്രതാക്ഷി അതിനെ ദഹിപ്പിക്കാതിരിക്കട്ടെ അത് നീ ശ്രദ്ധിക്കുക മഹാത്മാവിനെ അവഗണിക്കരുതെന്ന് ചുരുക്കം എന്നാണ് പറയുന്നത് അധഹ ഹംസ हिंसायातिपे तदेव हंसो हंसम अभ्युवाद हो हो अयि भलाक्ष भलाक्ष पौरायन समं दिवा ज्योति आततम तन्मा प्रसाक्षी तत्वा। प्रधार्षी तमुहा परह एनम प्रत्युवाच कंबर एनमेत सयुग्वानमीकमाथ्येदी यो नुक ം പര ഇതൊരു അഗ്രഗാമി പ്രതിവാച ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ കേട്ടപ്പോ മുംബൈ പോയ പക്ഷി അഗ്രഗാമി പ്രതിവാച മറുപടി പറഞ്ഞു എന്താണ് അരി നികൃഷ്ഠോയും രാജാവ് പറയുന്നു ഈ രാജാവ് നികൃഷ്ഠനാണ് ദീനനാണ് അത്പജ്ഞനാണ് മഹാമോശമാണ് അങ്ങനെയൊന്നും മന്ത്രത്തിൽ പറഞ്ഞിട്ടില്ല വാഷികാരൻ കൊടുക്കുന്ന സംഭാവനകളാണ് മഹാത്മ്യം സബുമാനം വചനമാത്രവ സുഗ്മാനം സഹന്ദ്രിയ അവിടെ എന്താണ് നമുക്ക് പക്ഷെ ഇത്രേ പറയുന്നുള്ളൂ സംബോധനയേറ്റി കം വരാനം ഏതം സൈഖ്വാനം ഇവ രഹിക്കുമാരീക്കിനെപ്പോലെയാണോ നീ ആളിനെ പറയുന്നത് ഇത്രേയുള്ളൂ മന്ത്രത്തിൽ യാണോ അതിന് ഭാഷകാരൻ വ്യാഖ്യാനിച്ച് കടത്തി വ്യാഖ്യാനിച്ച് എന്താണോ അഗ്രഗാമി പൃഥ്വിണവൻ നികൃഷ്ഠനാണ് പറയുന്നത് സംസ്കൃതത്തില് വളരെ മോശപ്പെട്ട ഒരു വാക്കാണ് പരാഗൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടവനാണ് അങ്ങനെയൊന്നും പറയുന്നില്ല ഹംസം പക്ഷെ ഭാഷകാരൻ പറയുന്നവരുണ്ട് രാജാവൻ ക്ഷത്രിയനാണ് ക്ഷത്രിയനാണെങ്കിൽ മോശമാണ് അത് ഭാഷകാരൻ പലയിടത്തും പറയും ക്ഷത്രിയന്മാരും പൊതുവെ മോശക്കാരാണ് ബ്രാഹ്മണർ പൊതുവേ ശ്രേഷ്ഠന്മാരാണ് പൊതുവെന്നെല്ലാം നൂറ് ശതമാനം വിശ്രേഷ്ഠരാണ് ചരിത്രന്മാരെല്ലാം നികൃഷ്ടന്മാരാണ് ഈ ശബ്ദം പലയിടത്തും ഭാഷകാലം പോയി ക്ഷത്രിയൻ നികൃഷ്ടനാണ് അത് ക്ഷത്രിയനാണെന്നുകൂടെ സമർത്ഥിക്കുകയും ചെയ്യുന്നുള്ളൂ വാസ്തവത്തിലാളിശൂദ്രനാണ് അതിന് വരുന്നതേ ഉള്ളു മുന്നോടിയായിട്ട് വളരെ നികൃഷ്ടനായ രാജാവാണെന്ന് ആദ്യം സമർത്ഥിക്കുകയാണ് അന്നനദാനം കൊണ്ട് ശ്രേഷ്ഠനാണ് സദ്ഗുണസമ്പന്നനായ ഒരുവൻ എങ്ങനെയാണ് ശ്രുതി പറയുന്നവൻ നികൃഷ്ടനാണ് നികൃഷ്ഠൻന്ന് വെച്ചാൽ അതിനും നികൃഷ്ടനായി പിന്നോന്നില്ലെന്നർത്ഥം പക്ഷെ ഇവിടെ മറിച്ച് വ്യാഖ്യാനിക്കുന്നു കൃത്രിമുമായി വ്യാഖ്യാനിക്കുന്നു രാജാവ് ക്ഷത്രി നികൃഷ്ടനാണ് മഹാത്മ്യന യുക്തം ഏനും സ്വന്തം സ്വന്തം മഹാനെന്നാണ് ശ്രുതി പറയുന്നത് അവൻ മഹാനാണ് അങ്ങനെയുള്ള മഹാന് നീ എങ്ങനെ സഹ ഇഗ്വന ഗായത്രി അവർത്തേ സൈഗ്വ രവൻ എങ്ങനെയാകും അതാണ് നാം സംശോക്കുന്നത് ശരി ഇദ്ദേഹം ഈ മഹാനനി എങ്ങനെ രഹിക്കനോട് ഭമിച്ചു രഹിക്കിനോടൊപ്പം പറയാൻ എങ്ങനെ കഴിയും എന്നാണ് മുമ്പേ പോകുന്നത് പക്ഷി ചോദിക്കുന്നു എന്നുവെച്ചാൽ ഈ നിൽക്കുന്ന ജ്ഞാനശ്രുതിയെക്കാളും കേമനാണ് രഹ്വൻ എന്നാണ് പറയുന്നത് അത്രേ ശ്രുതി പറയുന്നത് അല്ല ഈ നിൽക്കുന്ന ജ്ഞാനശ്രുതി നീചനാണെന്നോ നികൃഷ്ഠനാണെന്നോ ഒന്നും പറയുന്നില്ല പക്ഷെ അയാൾ ക്ഷത്രിയനാണ് എന്ന് വന്നത് കൊണ്ട് മാത്രം നികൃഷ്ഠൻ എന്നുള്ള ശബ്ദം ഭാഷകാരീച്ചാണ് ഇനി വരുന്ന ഭാഗങ്ങളിലും അത് കാണിച്ചേരാം ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ നികൃഷ്ടനാണ് ബ്രാഹ്മണൻ എന്നു വെച്ചാൽ ശ്രേഷ്ഠൻ ഇതാണ് സബുമാനം വളരെ ആദരവോടുകൂടി ആരോടുള്ള സഹടുള്ള ആദരവ് ആദരവോടുകൂടി പറഞ്ഞു എന്താ പറയുന്നത് ിനോടൊപ്പം ആകുമോയാൾ രഹ്ക്കും ഇവ സൈഭ്വാനും തമിഴ ആത്യേനം എന്താ നീ രനെ പോലെ പറയുകയാണോ ഇത്രയും വളരെ പ്രശസ്തനെന്ന് പറയുമ്പോൾ പോലെ പ്രശസ്തനാണ് കീർത്തിയുള്ളവനാണെന്നാണോ നീ പറയുന്നത് എന്നാണോ എന്നാണ് പറയുന്നു അന്നദാനാദി ജനിത പ്രഭാവ ഒരു പ്രഭാവം ഒരു മഹത്വം അതിന് കീർത്തിയും എല്ലാം വരും അത് രഹ്ക്കനോടോ ഉണ്ടെന്നാണോ നീ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അനന് രൂപം അസ്മിൻ യുക്തം ഈദൃശം ഭക്തം രഹിക്കും ഇവ യുഗം മഹതീതി യുഗ്യഹ ബലി വ്രു ആവാ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ് യുഗം അതിനെ ചുമക്കുന്നത് അത് കാളയാകാം അല്ലെങ്കിൽ കുതിരയാകാം അത് ഉള്ളത് യുഗ്വാ വണ്ടി കാളവണ്ടി സ യുഗ്വാ എന്ന് കൂടിയവൻ എന്നർത്ഥം അതാണ് രഹ്വൻ കാളവണ്ടിയോട് കൂടിയ രേഖനെന്ന് പറയും അപ്പോൾ ഇനി രേഖനെ കണ്ടെത്തുന്നതും ഒരു കാളവണ്ടിയുടെ അടിയിലിരുന്ന് ചെറിയും കുത്തിയിരിക്കുന്നതായിട്ടാണ് അങ്ങനെയൊരു രേഖനെ കാണുന്നത് രഹ്ക്കുനൊരു പക്ഷെ ഒരു വണ്ടിക്കാരനായിരിക്കാം കാളവണ്ടി അടിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ കാളവണ്ടിയുടെ അടിയിലൊരു താത്കാലിക വസതി ഉണ്ടാക്കിയതായിരിക്കാം എന്തായാലും വണ്ടിക്കാരൻ രയിക്കുൻ എന്നാണ് പറയുന്നത് അയാളുടെ മഹത്വമുണ്ടോ ഈ നിൽക്കുന്ന ജാനശ്രുതിക്കെന്നാണ് ചോദിക്കുന്നത് യഥാസര എന്ന് പറഞ്ഞപ്പോ എന്താ ഇയാളെ നീ രയിക്കനോടൊപ്പമാണോ പറയുന്നതെന്ന് കേട്ടപ്പോ ആ മുമ്പേ പോകുന്ന പക്ഷി പറയുന്നു യോനു കഥം സൈഗ്വാര അപ്പൊ പിറകിൽ വന്ന പക്ഷി വീണ്ടും ചോദിക്കുന്നു നീ എന്താ അങ്ങനെ പറഞ്ഞത് മുമ്പേ പോകുന്ന പക്ഷിയോട് ചോദിക്കുന്നു യോനു കഥം സൈഗ്വാരീ രോടൊപ്പം വരുമോ ഇയാളെന്ന് എന്തുകൊണ്ടാണ് നീ പറഞ്ഞത് അപ്പൊ റെയ്ക്കുനാരാ എന്താ അയാളുടെ മഹത്വം ഈ ജാനശ്രുതിയെക്കാൾ വലിയ മഹത്വം എന്താണ് രഹിക്കുവിന്റെ എന്ന് അനുത്ത പര പ്രുവാസ കംബര ഏനമേതന്ദം സവിനുവം ആദ്യേതി യോന് കഥം സൈവാ ഏക്വൈതിയ വിജിതേയാവ്യ ം തദ്ഭിസമീ പ്രധു ക അതിന് സമാധാനം പറയുന്നു മുമ്പേ പോകുന്ന പക്ഷി പിറകെ പറക്കുന്ന പക്ഷിയുടെ ഒരു സമാധാനം പറയുന്നത് എന്താ ഈ ലൈക്കുവിൻ്റെ മഹത്വം യഥാലോകെ കൃതോമായുദ്ധ്യൂതസമയ പ്രസിദ്ധ ചതുരംഗൂട്ടവൃത്ത വിജിതരെ ത്രാ അധരെയാത്രേതകരിയ അന്തർഭവ ചതുരംഗത്തിന്റെ ഉദാഹരണം പറയുന്നു ചതുരംഗം പഴയ പകിടകളി അതിന്റെ ഉദാഹരണം പറയുകയാണ് അതിന് ചതുരംഗം എന്ന് പേര് വരാൻ അംഗം ഒന്ന് അത് അതിന് നാലടയാളം നാല് ഭാഗത്തു നാലടയാളുണ്ട് അതിന് ഒന്ന് കലി ദ്വാപരം രണ്ട് മൂന്ന് ത്രേത നാല് കർത്തം കലിയുന്നിടത്ത് ഒരു അടയാളം അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള ഒരു അടയാളം ദ്വാപരോ എന്ന് പറയുന്നിടത്ത് രണ്ടടയാളം ത്രേതാക്കി മൂന്നടയാളം കൃതത്തിന് നാലടയാളം നാല് വശത്ത് ഏതുപോലെയെന്ന് വെച്ചാൽ ഏണിയും പാമ്പും കളിക്കുന്ന കട്ട പോലെ ആ കട്ടയില് ഒരു പുള്ളി പിന്നെ രണ്ട് പുള്ളി മൂന്ന് പുള്ളി നാല് പുള്ളി അത് കറക്കിയിടുമ്പോൾ ഒരു പുള്ളി വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് അതുതന്നെയാണ് പകിട കടയും രണ്ട് പുള്ളി വന്നു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് മൂന്ന് വന്നാൽ നാല് പോയിന്റ് നാല് പുള്ളി വന്നാല് അതുപോലെ ഈ പകഡെന്ന് സാധനം ഇത് ചതുരത്തിലാണ് മറ്റു ദീർഘചതുരത്തിലുള്ള നാല് സൈഡിൽ ഈ നാല് അടയാണി എന്നിട്ടത് കൈകൊണ്ട് വീശി എറിയും എറിയുമ്പോൾ കരി വരുകയാണെങ്കിൽ ഒരു പോയിന്റ് ദ്വാപരമാണെങ്കിൽ രണ്ട് പോയിന്റ്സ് ത്രേതാണെങ്കിൽ നേരെ കാണുന്നത് അല്ല ഇനി നാലംഗം ഇതാണ് ചതുരംഗം നാലംഗം വരാണെങ്കിൽ അവിടെ നാല് പോയിന്റ് അയാൾ ജയിച്ചു അപ്പോൾ നാല് പോയിന്റ് കിട്ടിയാൽ എന്താ എല്ലാം ജയിച്ചു കഴിഞ്ഞു ഇപ്പോൾ കലി ഒരു പോയിന്റിന് ഒരു സമ്മാനം വയ്ക്കും രണ്ട് പോയിന്റിന് അതിനും കൂടി സമ്മാനം വയ്ക്കും മൂന്ന് പോയിന്റ് അതിനും വലിയ സമ്മാനം വയ്ക്കും നാലിന് ഏറ്റവും വലിയ സമ്മാനം വയ്ക്കും അപ്പോൾ നാല് പോയിന്റ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ന് വെച്ചാൽ അതറിയുമ്പോൾ ആ നാല് പോയിന്റ് വരുന്ന ഭാഗം ആണ് കാണുന്നതെങ്കിൽ അയാൾക്ക് ഈ ഒന്ന് രണ്ട് മൂന്ന് എല്ലാ സമ്മാനവും കിട്ടും നാല് മാത്രമല്ല മുഴുവൻ സമ്മാനവും അയാൾക്ക് എടുക്കാം അല്ല ഒന്നാണെങ്കിൽ അത് മാത്രേ കിട്ടൂ രണ്ടാണെങ്കിലത് മാത്രം കിട്ടൂ ഇങ്ങനെ പന്തേം വെച്ച് പഴയകാലത്ത് കളിക്കും ധർമ്മപുത്ര ചൂന്ന് കളിച്ച് നമുക്കറിയാം അതുപോലെയുള്ള ആ കളിയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് അതിൽ കൃതായ അ കൃതഭാഗം കൃതനാമായോ ദ്യൂതസമയ പ്രസിദ്ധ ദ്യൂതത്തിൽ അത് പ്രസിദ്ധമാണ് ചതുരംഗ അവിടെ നാലടയാളുണ്ട് അതുകൊണ്ടാണ് അതിൽ ചതുരംഗോ എന്ന് പേര് വന്നു സയ്യദാചേരി അത് ജയിക്കുകയാണെങ്കിൽ ചേരുമ്പോൾ അത് കണ്ടു അത് അഭ്യാസമാണ് കൈകൊണ്ട് അതിൻ്റെ വശത്തിനത് വീശി എറിഞ്ഞു കഴിഞ്ഞാൽ ശകുനെ പോലെയുള്ളവരെ കഴിഞ്ഞാൽ അത് മാത്രമേ ഒരു വേറെ ഒന്നും വരത്തില്ല ധർമ്മപുത്ര കലിയെ വരത്തുള്ള വേറൊന്നും വരത്തില്ല ഓരോരുത്തരുടെ കഴിവ സഹിതാചേതി അത് ജയിച്ചു കഴിഞ്ഞാലോ ദ്യൂതേ പ്രവൃത്താനന്ദിത്തരേ ത്രി ഏകാംഗാ ഒരംഗം രണ്ടംഗം മൂന്നംഗങ്ങൾ അധ്രേഹാദിന് താഴോട്ടുള്ള ആണല്ലോ നാലംഗം എന്ന് പറയുന്നത് ടോപ്പ് സ്കോറ് അതിന് താഴോട്ട് വരുന്നതെല്ലാം അധുരേയഹ താഴോട്ടുള്ളത് ത്രേത ദ്വാപര കലി നാമാനഹ ത്രേത അതിനെല്ലാം പേര് കൊടുത്തിരിക്കുന്നതാണ് ത്രേത ദ്വാപര കലി അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് സംയമന്തി സംഗച്ചന്തി അന്തർഭവന്തി അപ്പൊ കളിയുടെ നിയമം ആ നാല് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടിക്കും എല്ലാ സമ്മാനവും കിട്ടും അപ്പം നാലിൽ ബാക്കി എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ പറയുന്നത് താല്പര്യം എന്താണ് ഉപാസനയുടെ തേജസ്സിൽ അന്നദാനം പോലെയുള്ള സത്കർമ്മങ്ങളുടെ എല്ലാം തേജസ് അന്തർഭവിച്ചിരിക്കുന്നു ഇതാണ് പറഞ്ഞു വരുന്നത് ഉപാസകനാണ് അടുത്തു പറയും സമ്പർക്ക എന്ന് പറയുന്ന സമ്പർക്ക വിദ്യ എന്ന് വെച്ചാൽ സമ്പർഗ ഉപാസന നേടിയ ആളാണ് ജാനശ്രുതിയാണെങ്കിലോ ഉപാസന എന്നും അറിയത്തില്ല സത്കർമ്മങ്ങൾ ചെയ്യുന്നു ഞാൻ സാധാരണ പറയും എന്താണ് കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസന ഉപാസനയേക്കാൾ ശ്രേഷ്ഠമാണ് തത്വജ്ഞാനം ഇവിടെ ഉപാസനയിൽ സിദ്ധിയെ പ്രാപിച്ചാലാണ് ലേക്കു അതുകൊണ്ടാണല്ലോ പ്രസിദ്ധനായത് സിദ്ധിയിലൂടെയാണ് ഉപാസനയിൽ പ്രസിദ്ധിയെ നേടുന്നു അതുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത് അപ്പോൾ കേവലമായ കർമ്മം പോരാ കർമ്മത്തോടു കൂടി ഉപാസനയും വേണം അതാണ് ഇവിടെ കൊടുക്കുന്ന ഒരു പാഠം അപ്പൊ കേവല കർമ്മം ചെയ്യുന്ന ആളാണ് ജ്ഞാനശ്രീ പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസനയോടുകൂടി ചേരുമ്പോ ദോഷകാരം പലയിടത്തും പറയുന്നുണ്ട് അപ്പോൾ അതിൽ യാവാനർത്ഥ ഉദപാന സർവ്വതസമ്പ്രദോ ഉദയെന്ന് പറഞ്ഞ വിധി തന്നെയാണ് അവിടെ ജ്ഞാനവും കർമ്മവുമായിട്ട് പറയുന്നു സർവകർമ്മങ്ങളും ജ്ഞാനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു ഇവിടെ പറയുന്ന എന്താണ് സർവ്വകർമ്മങ്ങളും ഉപാസനയിൽ അന്തർഭവിച്ചിരിക്കുന്നു കർമ്മഫലങ്ങളെല്ലാം ഉപാസനയുടെ ഫലത്തിന് അന്തർഭവിച്ചിരിക്കുന്നു കർമ്മത്തെ അപേക്ഷിച്ച് ഉപാസന ശ്രേഷ്ഠമാണ് അതാണ് ഇവിടെ ശ്രുതി പറയാൻ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ അധികവഞ്ഞ് കൂടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഭാഷകാരൻ അതിൽ കൂടുതൽ പല കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും പറയാനൂടെ ഉദ്ദേശിക്കുന്നുണ്ട് യഥായും ദൃഷ്ടാന്തം ഏനം വിരയിക്കും കൃതായസ്ഥാനീയം ത്രേതാതി യഥാസ്ഥാനീയം സർവം തത് അന്തർഭന്തിരയ്ക്കേന്ന് പറയുന്നു അപ്പോൾ ആ ജൂതത്തിലെ അകൃതത്തിന്റെ സ്ഥാനത്താണ് രൈക്കിന്റെ ഉപാസന ഉപാസനയുടെ ഫലങ്ങൾ അതിന് താഴോട്ട് വരുന്ന കരി ദ്വാപര ത്രേ തൈലകപ്പെടുന്ന കർമ്മങ്ങൾ അതിന്റെ ഫലങ്ങൾ അതെല്ലാം ഉപാസന ഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു യത്കിഞ്ച ലോകെ സർവ പ്രജാ സാധുശോഭനം ധർമ്മജാതം കുറവന്തി തത്സർവം സിദ്ധർമ്മ അന്തർഭവന്തി അതാണ് വ്യക്തമാക്കുന്നത് ഈ ലോകത്തിൽ മനുഷ്യർ ജീവന്മാർ പ്രജാ സാധുശോഭനം ധർമ്മജാതം എന്തെല്ലാം സദ്ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ അതെല്ലാം തത്സർവം ദൈപ്പസി ആ രൈക്വധർമ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു വെച്ചാൽ റൈക്കന്റെ ഉപാസനയിലും ആ ഉപാസനയുടെ ഈ ലോകർ ചെയ്യുന്ന സർവകർമ്മങ്ങളുടെയും ഫലം അന്തർഭവിച്ചിരിക്കുന്നു അപ്പൊ ഇത് ജാനശ്രുതിക്കൊരു പാഠമാണ് ഇങ്ങനെ സത്കർമ്മവുമായിട്ട് മാത്രം കഴിഞ്ഞ പോരാ ഉപാസനകളൂടെ വേണം തസികഫലേ സർവപ്രാണിധർമ്മഫലം അന്തർഭവം തീദ്യ കേവലം ജാനശ്രുതിയുടെ അന്നദാനത്തിന്റെ ഫലമല്ല സർവപ്രാണികളും എന്തെല്ലാം സദ്ധർമ്മങ്ങൾ ചെയ്യുന്നു അതെല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഉപാസനയുടെ ഫലം അത്രയും ശ്രേഷ്ഠമാണ് യഥാ അന്യോപി കസ് അതുകൊണ്ട് പറയുന്നു ഇവിടെ വേദ്യമായിരിക്കുന്നത് ഉപാസ്യമായിരിക്കുന്നത് അല്ലാതെ ഇനി മറ്റാരെങ്കിലും ഇതനുഷ്ഠിച്ചാലും അവർക്കു തന്ന ഫലെന്താണോ സർവധർമ്മഫലങ്ങളും അവരുടെ ഉപാസന ഫലത്തിൽ അന്തർഭവിച്ചു അവരും പോലെ തന്നെ മഹാത്മാവായി തീരും പോലെ തന്നെ ഫലത്തെ അവരും പ്രാപിക്കും ഇതാരശ്യം വേദ്യം സരൈക്യ വേദ തേദ്യം അന്യോയോ വേദ താണിധർമ്മജാതം തദ്ക്കുവാ അഭിസമയത്തെ സേവം ഭൂതോ മയാ വിവാൻ മുക്തോതി അതുകൊണ്ടാണ് മുമ്പേ പോകുന്ന പക്ഷി പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാനത് പറഞ്ഞല്ലോ ഇവന് രേഖന് സമൊന്നും ഇവനെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് രേഖ ഉപാസനാഫലം അത്രയും ശ്രേഷ്ഠമാണ് അതെന്താണ് കൃതായസ്ഥാനീയമാണ് ആ ജ്യൂത്തിലെ കൃത ജയിച്ചതുപോലെയാണ് ലയിപ്പിൻ്റെ നില അത് ജാനശ്രീ ദേവീഷ് എത്രയോ ഉയർന്നതാണ് അത് കേവല കർമ്മത്തിൻ്റെ ഫലമല്ല ഉപാസനയുടെ ഫലമാണ് എന്നു മുമ്പേ പോകുന്ന പക്ഷി പിന്നാലെ വരുന്ന പക്ഷിയെ ബോധിപ്പിക്കുന്നു യഥാകൃതയായ വിജിത്തായ അതിരേയാഹ एवं ീനം തദ്ധതികിഞ്ച പ്രത്വ സാധു തേദ യേദ സയാ എതുക്തജാനശ്രുതി പൗത്രാണുശ്രാവ സജിഹാന ക്ഷരമുവാചാരനമില്ലേതിഥം തദ്തീദൃശം ഹംസവാക്കമന കുത്സാരൂപം അന്യസുവിധു റെക്വാദി പ്രശംസാരൂപം ഉപശിശ്രാവ ശ്രുതവാൻ ഹർമി തലസ്തു രാജാ ജാനശ്രതി പൂത്രായണ ഈ ദൃശ്യം ഹംസവാക്യം ഈ ഹംസവാക്യം ജാനശ്രുതി കേട്ട് കുത്സാരൂപം നിന്ദാരൂപം വാസ്തവത്തിൽ ഹംസം നിന്ദിച്ചൊന്നുമില്ല ഇയാളെക്കാൾ മറ്റേയാൾ ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ അതൊരാളുടെ നിന്ദയല്ല അധിക്ഷേപമല്ല ഇയാളെക്കാൾ ശ്രേഷ്ഠമാണ് മറ്റേയാൾ അയാളുമായി തരഞ്ഞപ്പെടുന്നു ഇയാളൊന്നുമല്ല എന്നേ പറഞ്ഞോളൂ വിദ്ഷോ രൈക്വാദേഹി പ്രശംസാരവും വിദ്വാൻ എന്നിട്ട് ഉപാസകനായ ആ രൈക്യെ പ്രശംസിച്ചു അതാ പറഞ്ഞത് ഉപശിച്ചു അത് കേട്ടു ജാനശ്രുതി ഹർമ്മി തലസ്ഥ മട്ടുപ്പാവിൽ നിന്ന് ആ ജാനശ്രുതി അത് കേട്ടു പവിത്രായണ തഹംസവാക്യം സ്മരൻ നേവാ പൗനപുഞ്ഞേന രാത്രിശേഷം അതിവാഹയാമാസ രാത്രി മുഴുവൻ അതാണ് കാലം കടത്തിവിട്ടു എന്നാണ് രാത്രി മുഴുവൻ ഇത് എന്നാലും ചിന്ത അങ്ങനെ പറയാൻ കാരണം പറഞ്ഞല്ലോ ദേവന്മാരോ യശുമാരോ ഇയാളുടെ സത്കർമ്മത്തിൽ സന്തുഷ്ടായി ഇയാൾക്ക് ഇനി മറ്റൊരു വിദ്യ കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇയാൾക്കിങ്ങനെ ഒരു ചെറിയ സൂചന കൊടുത്താണ് ധാനം ശ്രദ്ധിക്കുക ഹംസവാക്യത്തെ അനശ്ശുതി മോശക്കാരനുള്ള കാരണം ഹംസം പറഞ്ഞ ഭാഷ മനസ്സിലാക്കാൻ പറ്റി പക്ഷേ ഇവിടെ ഭാഷ മനസ്സിലായി അപ്പൊ ഇത് തന്നെ സ്മരിച്ച് വീണ്ടും വീണ്ടും എന്താ പറഞ്ഞതിന്റെ താല്പര്യം രാത്രി ഉറങ്ങിയില്ല അതിവാഹയാമാസ തഥാസ വന്തി ഭീ രാജാസ്തുതിയുക്താഭേ വാഗ്ഭി പ്രതിബോധ്യമാന ഇപ്പോ രാവിലെ രാജാവിനെ ഉണർത്തില്ല എന്നാലും ഉണർന്നുവാചിധാനേവനാഹമിത്യഭിപ്രായ ഉടനെ എന്ത് ചെയ്തു തന്റെ ക്ഷരം തന്റെ പരിചാരകനെ വിളിച്ചു സഞ്ചിഹാനി പരിചന് പറയാം ഉറങ്ങാതെ തന്നെ ഇരുന്നു അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു സ്വാഭാവികമാണ് ഇങ്ങനെ പറയുന്നത് എന്താ അതിന്റെ കാരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന അവൻ അങ്ക തന്റെ പരിചാരകനെ വിളിച്ചിട്ട് പറയുന്നു മത്സാരേനം ആ പക്ഷി ഇങ്ങനെ പറഞ്ഞല്ലോ ഞാൻ കേട്ടല്ലോ ആ രഹ്വനെ കേട്ടല്ലോ അവൻ സ്തുത്യർഹനാണ് വന്ദനീയനാണെന്നും പറഞ്ഞു ലാഹം അവനെപ്പോലെ ഞാൻ വന്ദനീയനല്ല എന്നും കേട്ടു അഥവാ സഖ്വാനം രണ്ടു തരത്തിലൂടെ വ്യാഖ്യാനിക്കുന്നു ആ ഭാഗത്തെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നീ പോയി ആ രക്കുനോട് പറയുക ഞാനവനെ കാണാൻ ആഗ്രഹിക്കുന്നു തഥാ യുവ ശബ്ദ അവധാരണാർത്ഥം അനത്തു പോവുക വാച്ചുക ഭാഷയെ സംബന്ധിച്ച കാര്യം പറയുന്നു രണ്ടു തരത്തിലും ആകാം ഒന്നിലാബിനോട് ചോദിച്ച ആരായി രഹ്ക്കൻ അല്ലെങ്കിൽ അവനോട് പറഞ്ഞു എന്താണ് നീ പോയി ആ രക്കുനെ പറയണം എനിക്ക് കാണാൻ അനുവാദം വേണം അക്കാര്യം അറിയിക്കണം എന്നാണ് അത്രയും മഹാനായ ഒരാളെ അറിയണമല്ലോ സജക്ഷമു അഭിപ്രായം രാജ്ഞാനും തച്ഛിഹ്നം യോനു കഥം സൈക്വാരൈക്കുച സജ ഭല്ലാക്ഷോചനമേവചന പറഞ്ഞു കഴിഞ്ഞപ്പോ ഭൃത്യൻ തിരിച്ചുപോയിച്ചു ആരായി രൈക്വൻ അയാൾക്കും അറിയില്ല രൈഖൻ പ്രസിദ്ധനാണെന്ന് പറഞ്ഞു പക്ഷെ അത് മഹാത്മാക്കളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിദ്ധന്മാരുടെ പ്രശസ്തി എല്ലായിടത്തും എത്തണമെന്നില്ല ഒരു പക്ഷെ അത് സജ്ജനങ്ങളുടെ ഇടയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ ഭൃത്യൻ അതൊന്നും അതുകൊണ്ട് എങ്ങനെ ആരെന്ന് പറഞ്ഞു എവിടെ പോയി അന്വേഷിക്കും എങ്ങനെ കൊണ്ടുപിടിക്കും അതുകൊണ്ട് ആനയതും ദഛനം ഞാതി വെച്ച് അല്ലെങ്കിൽ ഒരു അടയാളം വേണോ എങ്ങനെയാ ഈ രൈഖനെ കണ്ടുപിടിക്കുന്നത് കഥം സൈഖ എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു രാജാവ് ശല്ലാക്ഷവചനമേവാ ആ പക്ഷികളെന്ത് പറഞ്ഞു അത് അതുപോലെ പറഞ്ഞു ഇത് മനസ്സിലാകുന്നു ഇത്രയേ ഉള്ളൂ രൈക്കോനെക്കുറിച്ച് എന്റെ പക്കലുള്ള വിവരം ഇത്രേയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രത്തെ അതുപോലെ പറഞ്ഞു പക്ഷികൾ പറഞ്ഞാൽ വചനത്തെ പറഞ്ഞു എന്താണോ എങ്ങനെയാണോ ചൂതുകളിയിൽ കൃത്യം നേടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നേടുന്നത് അതുപോലെ സർവക്രമങ്ങളും അവയുടെ ഫലങ്ങളും ഏതൊരു പാസനയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നുവോ അങ്ങനെയുള്ള ഒരു വാസകൻ ദിവ്യൻ മഹാത്മാവ് അതാണ് സഹിക്കുവാനെന്നിങ്ങനെ പറഞ്ഞതുപോലെ വേറെ അടയാളൊന്നും എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാം എന്റെ പേരും അറിയാം ഒരു വണ്ടിയുടെ അടുത്താണ് ആളിരിക്കുന്നതെന്നറിയാം പൗത്രായണ ഉപശുശ്രാവ സഹസഞ്ജിഖാനവ ക്ഷത്താരുവാച അങ്കാരേവ്വാനമി യോനു കഥം സൈക്വാരൈക്തിയ വിജിത്തെ അധരെയാമയന്തിക്കിഞ്ച പ്രജസാധു കസ് തദ്ദ യസ് സേദ സേത് പ്രത്യയാചാരം തന്നകരം ഗ്രാമം അന്വേഷിക്കും അവിധം വ്യജഷ ായ പ്രത്യാഗതവാൻ രാജാവി പറയുന്ന കേട്ടിട്ട് ആ ക്ഷത്താവ് ആ പരിചാരകൻ അല്ലെങ്കിൽ മന്ത്രി നഗരം ഗ്രാമം ഭാഗത്തുവാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം പോയി അന്വേഷിക്കുക എല്ലായിടത്തും അന്വേഷിച്ചു റൈക്കൊന്നാ വിധം ഈ രൈക്കൊൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടില്ലാസി പ്രത്യ എനിക്കങ്ങനെ ഒരാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എവിടെയുണ്ട് ഇയാൾക്കൂട്ടത്തില്വിടെ അങ്ങനെ ഒരാളുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വാസകൻ ദിവ്യൻ മഹാത്മാവ് അങ്ങനെ എനിക്ക് ഒരാളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വാചാരം വരെ എത്ര ബ്രാഹ്മണ ബ്രഹ്മവിധ ഏകാന്തേ അരണ്ദീ പുളിനാദു വിവിക്തേശി അന്വേഷണ അണുമാർഗണം ഭതി നീ എവിടെയാ പോയത് പട്ടണത്തിൽ പോയി ഗ്രാമങ്ങളിൽ പോയി ആൾക്കൂ ആൾക്കൂട്ടങ്ങളെല്ലാം പോയി പറയുന്നു അങ്ങനെയെല്ലാം ഇങ്ങനെയുള്ള വിദ്വാൻമാരെ ഉപാസകന്മാരെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികളെ അന്വേഷിക്കേണ്ടത് എവിടെയാണ് ചത്തുവരവരെ എത്ര ബ്രാഹ്മണസ്യ ബ്രഹ്മവിധ ഏകാന്ത സ്ഥാനങ്ങൾ അവിടെ അന്വേഷിക്കുന്നു അരണ്യേ വനത്തിൽ നദീ അല്ലെങ്കിൽ നദീതടത്തിൽ വിവിഗ്ധ ദേശീയ ഏകാന്ത അവിടെ നീ അന്വേഷിച്ചു മാർക്കറ്റിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ കാണും റേക്ക് അന്വേഷണ അനുമാർഗണം ഭവതി അങ്ങനെയുള്ള സ്ഥലത്ത് പോയി അന്വേഷിക്കണം അത്രയേനും അവിടെ പോയിട്ട് നീ ലയിക്കുവാൻ അന്വേഷിക്കും എവിടെയാണോ ബ്രാഹ്മണ ബ്രഹ്മവിധ ബ്രഹ്മജ്ഞാനികളെ അന്വേഷിക്കേണ്ട സ്ഥാനോ അവിടെ പോയി നീ അന്വേഷിക്കുക അവനെ അന്വേഷിക്കൂ എന്ന് പറഞ്ഞു സഹക്ഷത്ര ना वाचा <coughs> तद നവിദമിതി പ്രയാചാര ബ്രാഹ്മണ അന്വേഷണ തദ്നെതിധസ്ഥകട പാമാനം കഷമാണോപിവാദ ു ഭഗവ് രഹം ഹര ഇതിജ്ഞത്തുക്ഷന്വേഷം വിജനെ അധസ്തകട ഗാത്രം ഖർജൂം കഷമാണം കണ്ടൂയമാനം ദൃഷ്ട ക്ഷത്താ അങ്ങനെ ക്ഷത്താവ് അന്വേഷിച്ചു അന്വേഷ്യ പിന്നീട് വിജന ദേശത്ത് പോയി വണ്ടിയുടെ അടിക്ക് ഗന്ത്ര പറയുന്നു ആ വണ്ടിയുടെ സമീപത്ത് എന്താണ് മാനം ഖർജും കഷമാണോ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചൊറിയൊന്നുമില്ല സോറിയാസിസ് പോലെ എന്തോ കുഴപ്പമാണ് അങ്ങനെയുള്ള അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ സ്ഥിരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് മുഴുവൻ ചൊറി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരാളെയാണ് കണ്ടത് അയം നൂനം സവി ഇത് കണ്ടപ്പോൾ മനസ്സിലായി എന്താണ് പറഞ്ഞതുപോലെ ഒരു വണ്ടിയുണ്ട് വണ്ടിയുടെ അടിയിൽ ഒരാളിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു വേറെ പണിയൊന്നുമില്ല ഇയാളായിരിക്കും ഉപാസകൻ സൈക്കുവാരൈക്കൊരു ഉപസമീപം ഉപയോഗിച്ച വളരെ അടുത്തു ചെന്നു വിനയേന ഉപവിഷവൻ അടുത്തു ചെന്നു സാവകാശം ഇരുന്നു തഞ്ചാരും എന്നിട്ട് റൈക്കുവിനോട് വളരെ സാവകാശം വളരെ സൂക്ഷിച്ച് മര്യാദയോടുകൂടി ചോദിച്ചു തോമസി ഭഗവോ ഭഗവൻ അങ്ങാണോ മഹാത്മാവേക്വൻ എന്ന് പറയുന്നത് അഹമസ്മിരാഹ്യ അനാഥരൈവ പ്രതിജ്ഞ അഭ്യപഗതവാൻ അരാ എടോ ഞാൻ തന്നെയാണ് നീ അന്വേഷിച്ചവൻ അനാദരൈവ പ്രതിജ്ഞയും വലിയ കാണിച്ചില്ല ഞാനോട് നീ എന്താ അത്രമാത്രം എന്നെ അന്വേഷിക്കാൻ എന്താ കാര്യം എന്നുള്ള മട്ടിൽ അതാണ് അനാഥര നീ പോട എന്നുള്ള മട്ടിൽ അനാഥരവോടുകൂടി പ്രതിജ്ഞത്ത് നീട്ടി പറഞ്ഞ അതുകൊണ്ടാണ് അനാഥരവിനെ കാണിക്കാൻ നീട്ടി പറയാവുന്നുണ്ട് നീട്ടി വിളിക്കാതെ നീട്ടി വിളിച്ചതിന്റെ അർത്ഥം തദ്ദേശത്തിലും അതുപോലെ സ്നേഹത്തിലല്ല സ്നേഹത്തിന് വിളിക്കാൻ അതേ ശബ്ദം തന്നെ പക്ഷെ അല്പം ദേഷ്യത്തോടുകൂടി പറഞ്ഞു ശല്യപ്പെടുത്താൻ ആരോ വന്നോ എന്നുള്ള രീതിയിലായിരിക്കും സത്തം വിജ്ഞായ പ്രത്യേക പ്രത്യേകത ഉടൻ തന്നെയാ കെട്ടിപ്പോയി സന്തോഷത്തോടുകൂടി ഓടിപ്പോയി ജ്ഞാനശ്രുതി അറിയിച്ചു ആ ഞാൻ കണ്ടുപിടിച്ചു വണ്ടിക്കാരൻ രൂന ഞാൻ കണ്ടെത്തി പോയി അറിഞ്ഞു സോ അധസ്താശകട പാമാനം കഷമാണവിശ തം അഭ്യവാദ ത്ഭഗവൈക്വാൈക്വഹം ഹരാതിഹ പ്രതിജ്ഞ സഹിതമതി പ്രത്യയാ ഇനി വരുന്ന ഭാഗങ്ങളിലാണ് ശരിക്കും വിഷയത്തിലേക്ക് കടക്കുന്നത് കഥയിൽ നിന്നു തതുഹജാനശ്രുതി പൗത്രായണതാ ഗവാം നിഷ്കം അശ്വതീരഥം തദാദായ പ്രതിചക്രമേ തംഹ അഭ്യുവാദ